െ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടാനായിട്ട് ദൈവയുടെ ആക്കിയല്ലോ നമ്മള് ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത് നമ്മുടെ വേദപഠനത്തിൻ്റെ ഭാഗമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മുപ്പത്തി വാക്യങ്ങളുള്ള ഒരു അധ്യായമാണിത് ഇതിലെ പ്രാരംഭവാക്യങ്ങള് ഒന്നു മുതൽ ഏകദേശം ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെയാണ് ഈ സക്കരിയാവിൻ്റെ മകനായ യോഹന്നാൻ യോഹന്നാൻ സ്നാപകന് താന് ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ചിട്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു അതിനെ തുടർന്ന് കർത്താവായി യേശു ക്രിസ്തു അവൻ്റെ കൈകീഴിലെ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുന്നു ഈ കാര്യങ്ങളാണ് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ രണ്ടാം ഭാഗത്ത് കർത്താവായി യേശു വംശാവലി വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ വംശാവലി നമുക്കറിയാവുന്നതുപോലെ ലൂക്കോസ് യഹൂദനല്ലാത്ത ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ താൻ വംശാവലി എഴുതി വരുമ്പോൾ താന് പറഞ്ഞ് ആദാം ദൈവത്തിൻ്റെ മകൻ ആദാമിലേക്ക് അതേസമയം മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ മത്തായി യേശുവിൻ്റെ വംശാവലി എഴുതുമ്പോൾ അവിടെ അബ്രഹാമിലാണ് ആരംഭിക്കുന്നത് മത്തായി യഹൂദന്മാർക്ക് വേണ്ടിയാണ് പ്രായണ ആ സുവിശേഷം എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അബ്രഹാമിലാണ് വംശാവലി ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ആ വംശാവലി മത്തായിലുള്ള ആ വംശാവലി യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ജോസഫിൻ്റെ യേശുവിൻ്റെ പിതാവ് എന്ന് വിചാരിച്ചിരുന്ന ജോസഫിൻ്റെ വംശാവലിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ ലൂക്കോസിൻ്റെ സുശേഷം മൂന്നാമധ്യായത്തിലെ ലൂക്കോസ് യഹൂദനല്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു യഹൂദനല്ലാത്ത ഏക സുവിശേഷകാരൻ ലൂക്കോസാണ് അതുകൊണ്ട് ലൂക്കോസ് സകല മനുഷ്യരുടെയും ആദി പിതാവായ ആദാമിലേക്ക് യേശുവിൻ്റെ വംശാവലിയെ കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ താന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജോസഫിൻ്റെ വംശാവലിയല്ല മറിച്ച് യേശുവിൻ്റെ അമ്മയായ മറിയയുടെ വംശാവലിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് യഹൂദന്മാർ സാധാരണ അങ്ങനെ ചെയ്യാറില്ല യഹൂദേതരനായതുകൊണ്ടാണ് ലൂക്കോസ് മറിയയുടെ ആ വംശാവലി തെരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്ക് ഈ കാര്യങ്ങൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒന്നു മുതൽ ഇരുപത്തി രണ്ടു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ തുടക്കത്തിൽ തുടക്കത്തിലെ യോഹന സ്നാപകന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് അതിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ വായിക്കുന്നു തെബരിയോസ് കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയ വാഴുമ്പോൾ ഹേരോതാവ് ഖലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതു ട്രോക്കനോയ്സ് പ്രദേശങ്ങളിലും ലൂസാന്യോസ് അബീനയിൽ അബീലേനയിലും ഇടപ്രഭുക്കന്മാരായിരുന്നു അന്ന് ഹന്നാവും കയ്യഫാവുമാണ് മഹാപുരോഹിതന്മാരായിട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ പശ്ചാത്തലത്തിൽ സെക്കരിയാവിൻ്റെ മകനായി യോഹന്നാനും മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരളപ്പാടുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവര് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട പല ആളുകൾ അന്ന് ഉണ്ടായിരുന്നു ഒരു ചക്രവർത്തി കൈസർ ചക്രവർത്തി അതുപോലെ ഒരു നാടുവാഴി ഒരു ഗവർണർ പി ലാത്തോസ് മൂന്ന് ഇടപ്രഭുക്കന്മാരുണ്ടായിരുന്നു രണ്ട് മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ സമൂഹം നോക്കുമ്പോൾ ഒരു കാലത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളെ ആണല്ലോ പരാമർശിക്കുക നമ്മൾ ചരിത്രത്തിലൊക്കെ പ്രധാനമന്ത്രിയുടെ പേരിലും ജവഹർലാൽ നെഹ്റു ഇവിടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴേ മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ കാലത്തിലാണ് അവരുടെ പേരിലാണ് ആ കാലഘട്ടത്തെ പരിചയപ്പെടുത്തുന്നതും ചരിത്രത്തിലെ രേഖപ്പെടുത്തുന്നതും ഇവിടെയും ലൂക്കോസ് മറ്റുള്ളവർക്ക് വേണ്ടി ഈ സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ താൻ അന്ന് ലോകം പ്രധാനപ്പെട്ടതെന്ന് കരുതിയിരുന്ന ആളുകളുടെയൊക്കെ പേര് പറയുന്നുണ്ട് കൈസർ ചക്രവർത്തിയുണ്ട് ഒരു നാടുവഴിയുണ്ട് മൂന്ന് ഇടപ്രഭുക്കന്മാരുണ്ട് രണ്ട് പുരോഹിതന്മാരുണ്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാട് അവരെയൊക്കെ മറികടന്ന് പാവപ്പെട്ട യോഹന്യ സ്നാപകനെയാണ് സന്ദർശിച്ചത് അവനാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത് എന്നാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നമുക്കും വലിയ ഉത്സാഹവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് ലോകം വലിയ ആളുകളെന്ന് പറയുന്ന പലരും നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാവും ഇന്നയാൾ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലം ഇന്നയാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം ഇന്നരിന്നാര് ഗവർണറും ഇന്നരിന്നാര് മന്ത്രിമാരുമായിരിക്കുന്ന കാലം പക്ഷെ ആ കാലത്ത് ദൈവത്തിൻ്റെ എളപ്പാടുണ്ടാകുന്നത് ഒരുപക്ഷെ നമ്മെ പോലെ ഉള്ള സമൂഹം വലുതായിട്ട് കരുതാത്ത പാവപ്പെട്ട എന്നാൽ താഴ്മയുള്ള ആളുകൾക്കായിരിക്കാം ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന ദൈവം ഒരിക്കലും വലിയ ആളുകളെ അല്ല നോക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വലിയവരെ ലജ്ജിപ്പിക്കാനായിട്ട് ദൈവം നികൃഷ്ടവും കുലഹീനവുമായത് തിരഞ്ഞെടുത്തു വലിയ ആളുകളെ ബൈപ്പാസ് ചെയ്ത് ദൈവം താഴ്മയുള്ള സാധാരണ മനുഷ്യരെ തൻ്റെ രക്ഷയുടെ ആ സന്ദേശം അറിയിക്കാനും അവരെ തൻ്റെ പ്രവാചകന്മാരായിട്ടും ഒക്കെയും തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് എത്ര വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പം ഇതാ മൂന്നാമധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ നിലയിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന യോഹന്യ സ്നാപകനുണ്ടായ ആരുളപ്പാട് കൈസർ ചക്രവർത്തിയും ഗവർണറും ഇടപ്രഭുക്കന്മാരും മഹാപുരോഹിതന്മാരും സത്യത്തിലെ ഒരു മഹാപുരോഹിതനെ ഉണ്ടാകാമായിരുന്നുള്ളു രണ്ട് മഹാപുരോഹിതന്മാർ യഹൂദ നിയമം ഒരേ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് ശരിയല്ല യഹൂദ മതത്തിൻ്റെ ആ കാലത്തെ ഒത്തുതീർപ്പും വീഴ്ചയും ഒക്കെയാണ് അത് വ്യക്തമാക്കുന്നത് എന്നാലും അവർ ഹന്നാവും കയ്യപ്പാവും രണ്ടുപേരും മഹാപുരോഹിതന്മാരായിട്ട് മതത്തിൻ്റെ മേലധ്യക്ഷന്മാരായിട്ടുണ്ടായിരുന്നു എങ്കിലും അവരെയൊക്കെ മറികടന്ന് ഇതാ യോഹന സ്നാപകനാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ധൈര്യത്തിൻ്റെ സന്ദേശം നമുക്കെടുക്കാനായിട്ട് കഴിയും അതുപോലെ അടുത്ത് നോക്കുക അതിൻ്റെ നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ മരുഭൂമിയിൽ വിളിച്ചു വാക്കാവിത് കർത്താവിൻ്റെ വഴി ഒരുക്കുകയും അവൻ്റെ എല്ലാ താഴ്വരെയും നികന്നു വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും വിടെ കണ്ടോ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനവിധമാണ് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനവിധം അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു കർത്താവിൻ്റെ വഴി ഒരുക്കുകയും അന്നത്തെ കാലത്ത് ഒരു രാജാവ് വരുമ്പോൾ രാജാവ് എവിടെയെങ്കിലും സന്ദർശനം നടത്തുമ്പോൾ എന്തുണ്ടാകുമായിരുന്നു ആ രാജാവ് സന്ദർശനം നടത്താൻ വരുമ്പോൾ ആ തെരുവീഥികൾ മോടി ശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് രാജാധിരാജനായ കർത്താവായ യേശു വരവിനെക്കുറിച്ച് ഉദ്ഘോഷിക്കുമ്പോൾ തെരുവീകളല്ല മോടി പിടിപ്പിക്കുന്നത് മറിച്ച് ജനങ്ങളാണ് ജനങ്ങളുടെ മനോഭാവമാണ് ജനങ്ങളുടെ മനോഭാവമാണ് ഇവിടെ ഓരോന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് താഴ്വര നികരും യഥാർത്ഥത്തിൽ തങ്ങളെ തന്നെ താഴ്ത്തി മാനസാന്തരപ്പെട്ടവർക്ക് അവർക്ക് കർത്താവിൻ്റെ വരവ് കർത്താവിൻ്റെ ഈ വരവ് അവരെ സംബന്ധിച്ചിടത്തോളം താഴ്വര നികരും അവർക്കൊരു ഉയർച്ചയായിത്തീരും എന്നാൽ പർവ്വതങ്ങളും കുന്നുകളും താഴും അന്നത്തെ കാലത്ത് ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ നികളികളായിരുന്ന അവർ അവരെന്ത് ചെയ്യും ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടും വളഞ്ഞ വഴി നേരെയായിത്തീരും ആ കാലഘട്ടത്തിൽ ചുങ്കക്കാര് വളഞ്ഞ വഴിയുള്ളവരാണ് തെറ്റായിട്ട് കരം പിരിക്കുന്നവരും കൈക്കൂലി വാങ്ങുന്നവരും വളഞ്ഞ വഴിയുള്ളവർ അവരെന്തായിത്തീരും അവർ നേരെയായിത്തീരും കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചില ചുങ്കക്കാര് മുന്നോട്ട് വന്നത് നമ്മൾ കാണുന്നുണ്ട് ദുർഘട വഷി വഴി നിരന്നു പടയാളികളെ പോലെയൊക്കെ ഉള്ള പരിക്കൻ അപരിഷ്കൃതരായ ആളുകള് അവര് മെരുക്കമുള്ളവരും അവരുടെ കീടം മാറിയവരുമായിത്തീരും എന്നിട്ട് പറയുന്നു സകേല ജെടവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ പ്രവൃത്തി മൂലം കർത്താവിൻ്റെ ഒരു പ്രവൃത്തി മൂലം ഇതെല്ലാമാണ് സംഭവിക്കുന്നത് ഒന്ന് താഴ്മയുള്ളവര് അവർക്ക് ഉയർച്ച എന്നാൽ പർവ്വതങ്ങളും കുന്നുകളും പോലെ നിഗളമുള്ള ആളുകൾ അവർ താഴ്ത്തപ്പെടും വളഞ്ഞ വഴിക്കാര് ചുങ്കക്കാരെ പോലെയുള്ളവര് അവര് കർത്താവിനെ കണ്ടെത്താനായിട്ട് ഇടയാകും ദുർഘടമായ വഴികൾ നിരന്ന വഴികളായി തീരും സകേല ഇടവും അതിൻ്റെ അകത്ത് യഹൂദനുമുണ്ട് ജാതിയുമുണ്ട് അവരെല്ലാവരും ദൈവത്തിൻ്റെ രക്ഷയെ കാണും യേശയ പ്രവാചകൻ ഈ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബന്ധത്തിൽ യാഥാർത്ഥ്യമായി തീരും എന്നാണ് യോഹൻ സ്നാപകൻ അന്ന് മരുഭൂമിയിലെ വിളിച്ചു പറഞ്ഞത് നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ചോദന ചെയ്യാം നമ്മൾ കർത്താവിൻ്റെ വചനം വരുമ്പോൾ നമ്മൾ താഴ്മയുള്ളവരാണോ താഴ്വര പോലുള്ളവരാണോ എന്നാലേ നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളു അതേസമയം പർവ്വതം പോലെ കുന്നു പോലെ ആ പരീശന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ നികളികളാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് പ്രയോജനപ്പെടുകയില്ല അത് അവരെ താഴ്ത്തുന്നതാണ് എന്നാൽ തങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും അത് സമ്മതിച്ച് അനുദപിക്കാൻ തയ്യാറുള്ള വളഞ്ഞ വഴിക്കാർക്ക് നേരെയാകാൻ കഴിയും ദുർഘട വഴിക്കാർക്ക് നിരന്ന വഴിയാകാൻ കഴിയും സകേല ജഡത്തിനും ജാതിയിലും മതത്തിലും ഏതൊരാൾക്കും അത് ദൈവത്തിന്റെ രക്ഷയെ കാണുന്നതാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം ദൈവത്തിന്റെ വചനം നമ്മളെ ആ നിലയില് നമ്മുടെ വളഞ്ഞ വഴി വിട്ടുമാറാനും ദുർഘടമായത് നിരന്നു വരാനും ഒക്കെ ഇടയായിട്ടുണ്ടോ നമ്മുടെ ഉയർച്ചകൾ താണുവന്നിട്ടുണ്ടോ ദൈവവചനം അത് ചെയ്യുന്നു നമുക്ക് ആ ദൈവവചനത്തിന് മുമ്പാകെ പരിശുദ്ധാത്മാവിന് മുമ്പാകെ ആ ഒരു പ്രവൃത്തിക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ ഇരുപത്തി ഇരുപത് വരെയുള്ള വാക്യങ്ങളിലെ യോഹനാപകന്റെ തുടർന്നുള്ള ചരിത്രം അവൻ്റെ ശുശ്രൂഷ ഇതിനെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവര് നമ്മളെ യോഹനൻ സ്നാപകൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും താന് ഒരു പുരോഹിത കുലത്തില് ജനിച്ചവനാണ് തൻ്റെ പിതാവ് ആ നിലയിൽ താന് ദേവാലയത്തിൽ ആ നിലയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ യോഹന്നാൻ്റെ ജനനം സംബന്ധിച്ചുള്ള വെളിപ്പാടൊക്കെ ഉണ്ടായത് സക്കിരിയാവിൻ്റെ ആ കാര്യം നമുക്കറിയാം അപ്പോൾ യോഹന്ന സ്നാവകനും പൗരോഹിത്യ കുലത്തിലുള്ളവനാണ് അവൻ സത്യത്തിൽ തൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടത് ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ ഇരുശ്ലേമിൽ ചെന്ന് ആ ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ ആ പ്രസംഗം നടത്തിയിരുന്നെങ്കിൽ ദേവാലയത്തിൽ കയറി പ്രസംഗിച്ചിരുന്നെങ്കിൽ ആരും അവനെ കുറ്റപ്പെടുത്തുമായിരുന്നില്ല എന്നാൽ അവൻ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് എവിടെയാണ് ഇവിടെ ഇതാ മരുഭൂമിയിലാണ് മരുഭൂമി എന്ന് വെച്ചാൽ അവിടെ ഒന്നുമില്ല എല്ലാം പുതുതായിട്ട് ആരംഭിക്കണം അത് കാണിക്കുന്നത് പഴയ നിയമത്തെ പ്രധാനം ചെയ്യുന്ന ദേവാലയമോ അവിടെയല്ല ഈ പുതിയ ഉടമ്പടിയുടെ അതിൻ്റെ ഉപജ്ഞാതാവായ കർത്താവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്യ സ്നാപകൻ പ്രസംഗം ആരംഭിക്കുമ്പോൾ ആ പഴയ ഉടമ്പടിയുടെ പ്രതീകമായിട്ടുള്ള ദേവാലയത്തിലല്ല മറിച്ച് മരുഭൂമിയിലാണ് തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് അത് ഒരു പുതിയ തുടക്കമാണ് കുറിക്കുന്നത് പഴയ ഉടമ്പടി ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള യഹൂദനു വേണ്ടിയുള്ള രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പുതിയ ഉടമ്പടി ഇതാ സകേല ജഡത്തിനും ഉണ്ടാകാനുള്ള വലിയ രക്ഷയെക്കുറിച്ച് നമ്മളതിൻ്റെ മൂന്നിൻ്റെ ആറിൽ വായിച്ചതുപോലെ സകേല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്ന ഐശയ്യ പ്രവാചകൻ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആണ് കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയുടെ ഉപജ്ഞാതാവായ കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ അപ്പോൾ അതിനു വഴി ഒരുക്കാൻ വന്ന യോഹന്യാസ്നാപകനും തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ദേവാലയത്തിലല്ല മറിച്ച് മരുഭൂമിയിലാണ് എന്നുള്ളത് എല്ലാം കൊണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നമുക്ക് തോന്നും അതുപോലെ തന്നെ യോഹനാദ് സ്നാപകൻ തൻ്റെ ശുശ്രൂഷ വളരെ റാഡിക്കലായിട്ടുള്ള ഒരാളായിരുന്നു താനെന്തായിരുന്നു അവന് നമ്മൾ പറഞ്ഞതുപോലെ ഒരു പൗരോഹിത്യ കുടുംബത്തിലെ ഒരു പുരോഹിതനായിട്ട് ജനിച്ചവനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ച് പതിമൂന്ന് വാക്യങ്ങൾ നോക്കുക യോഹനാൻ ഒരു പുരോഹിതനായിട്ട് തന്നെ ജനിച്ചവനാണ് ലൂക്കോസ് ഒന്നിൻ്റെ അഞ്ച് വാക്യങ്ങൾ അതുകൊണ്ട് അവന് നല്ല നേർമയുള്ള ലിനൻ കൊണ്ടുണ്ടാക്കിയ വസ്ത്രമൊക്കെയാണ് അന്ന് പുരോഹിതന്മാർ ധരിക്കേണ്ടത് പുറപ്പാട് പുസ്തകം ഇരുപത്തെട്ടിൻ്റെ നാല് നാൽപ്പതി നാൽപ്പത് നാൽപ്പത്തൊന്ന് വാക്യങ്ങൾ ലേവിയാ പുസ്തകം ആറിൻ്റെ പത്ത് ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അന്നത്തെ പുരോഹിതന്മാരുടെ വേഷം അങ്ങനെ വളരെ മനോഹരമായ ഒരു വേഷമായിരുന്നു യോഹന്വേഷനാപകൻ അതാണ് ധരിക്കേണ്ടിയിരുന്നത് പക്ഷേ അവൻ ധരിച്ചത് എന്താ അവൻ ധരിച്ചത് തോൽവാറും ഒട്ടകരോമം കൊണ്ടുള്ള ആ നിലയിലുള്ള കുപ്പായുമൊക്കെ ധരിച്ചാണ് അവന് താന് ശുശ്രൂഷിക്കാനായിട്ട് നിന്നത് എന്ന് കാണുമ്പോൾ നോക്കുക ലേവിയ പുസ്തകം പതിനൊന്നിൻ്റെ നാലനുസരിച്ച് ഒട്ടകമെന്ന് പറയുന്നത് അവർക്ക് ഒരു അശുദ്ധ മൃഗമാണ് അങ്ങനെ ഒട്ടകത്തിൻ്റെ ഒട്ടകരോമം കൊണ്ടുള്ള ആ നിലയിലുള്ള ആ താൻ്റെ വസ്ത്രധാരണത്തിന്റെ ഭാഗം അതാക്കിയപ്പോ നോക്കുക കണ്ടോ ആ പഴയ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും താൻ മാറി നിൽക്കുകയാണ് ചെയ്തത് അപ്പോ അതുപോലെ തന്നെ അവിടെയുള്ള പുരോഹിതന്മാരുടെ ഭക്ഷണമോ ഭക്ഷണത്തെ നമ്മൾ കാണുന്നുണ്ട് പുരോഹിതനാണെങ്കിൽ അവൻ്റെതായ ഒരു പ്രത്യേകതരം ഭക്ഷണമുണ്ട് ലേവിയ പുസ്തകം രണ്ടാമധ്യായം ഒന്നു മുതലേ മൂന്ന് വരെയുള്ള വാക്യങ്ങള് ലേവിയ ആറാം അധ്യായം പതിനാറ് പതിനെട്ട് വാക്യങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ ഏഴാമധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ഇതെല്ലാം വായിച്ചാൽ ഒരു ലേവി പുരോഹിതൻ അവൻ കഴിക്കേണ്ട ഭക്ഷണം അത് നേര്യമാവ് കൊണ്ടുള്ളത് എണ്ണ ചേർത്തത് കുന്തിരിക്കൻ ചേർത്തത് അതുപോലെ ഭോജനയാഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതൊക്കെ മിച്ചം വരുന്നത് ഒക്കെ അവന് കഴിക്കാമായിരുന്നു അങ്ങനെയാണ് അവൻ കഴിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ യോഹന്നാൻ സ്നാവകൻ്റെ ഭക്ഷണം എന്താ യോഹന്നാൻ സ്നാവകൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് അവന് കാട്ടുതേനും വിട്ടുക്കിളിയും കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അവ നോക്കുക തൻ്റെ വേഷത്തിലാകട്ടെ നമ്മൾ മത്തായി എഴുതിയ സുശേഷം മൂന്നാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ മൂന്നും നാലും വാക്യത്തിൽ യോഹന്നാൻ്റെ വേഷത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് യോഹനാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു ഒട്ടകം യഹൂദന് അശുദ്ധ മൃഗമാണ് എന്നിട്ടും ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പാണ് അവൻ ധരിച്ചത് അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു നല്ല നേരിയ മാവും അതുപോലെ എണ്ണയും കുന്തിരിക്കുമൊക്കെ ചേർത്ത ഭോജനയാഗത്തിൻ്റെ മിച്ചം വരുന്നതൊക്കെ കഴിക്കേണ്ട ആ പുരോഹിത കുടുംബത്തിൽ ജനിച്ച യോഹന്നാൻ ഇതാ അവൻ്റെ ഭക്ഷണത്തിലാകട്ടെ വേഷത്തിലാകട്ടെ വളരെ ഡ്രാസ്റ്റിക് ആയിരുന്നു വളരെ താന് ഒരു വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് അന്നുണ്ടായിരുന്ന യഹൂദ മതമേധാവികളെ ഞെട്ടിച്ചുകൊണ്ടാണ് താൻ ശുശ്രൂഷ ആരംഭിച്ചത് അതുപോലെ തൻ്റെ ശുശ്രൂഷയിലും താൻ ഒരു ഒത്തുതീർപ്പുമില്ലായിരുന്നു താൻ തൻ്റെ അടുത്ത് വന്ന ആളുകളോട് എന്താ പറഞ്ഞത് അവരോട് പറഞ്ഞു വലിയ പുരുഷാരൻ സ്നാനമേൽക്കാൻ ോഹൻലാൻ്റെ അടുത്ത് വന്നപ്പോൾ അവരിൽ പലരും വെറുതെ അഭിനയിക്കുന്നവരാണ് അവർക്ക് ഹൃദയത്തിൽ മാറ്റമില്ലായെന്ന് കണ്ട് സർപ്പസന്ധതികളെ എന്നാണ് വിളിച്ചത് അതുപോലെ താൻ അവരോട് പറയുന്ന വാക്കുകളും ശൈലികളും ഒക്കെ വളരെ മൂർച്ഛയുള്ള വാക്കുകളാണ് സർപ്പസന്ധതികൾ വരുവാനുള്ള ദൈവകോപം കോടാലി വെട്ടി തീയിലിട്ട് ചുട്ടുകളയും ഇങ്ങനെയൊക്കെയാണ് തൻ്റെ പദപ്രയോഗങ്ങൾ താനൊരു ഒത്തുതീർപ്പില്ലാത്ത ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ലോകത്തോടെല്ലാം സന്ധി ചെയ്തു പോകുന്ന ആളുകളായിട്ടല്ല ദൈവം തരുന്ന ബോധ്യമനുസരിച്ച് നമ്മൾ ആ നിലയിൽ റാഡിക്കലായിട്ട് നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇവിടെ കണ്ടോ യോഹനൻ സ്നാപകൻ ആ നിലയിൽ തൻ്റെ വേഷത്തിലും തൻ്റെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ തൻ്റെ സംഭാഷണ ശൈലിയിലും ഒക്കെ വളരെ കൃത്യതയുള്ള ആളായിരുന്നു താൻ ദേവാലയത്തിൽ പ്രവൃത്തി ആരംഭിക്കാതെ മരുഭൂമിയിൽ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെയുള്ള യോഹന്യാ സ്നാഭകൻ പക്ഷേ ആ യോഹന്യാസ്നാഭകൻ കർത്താവായ യേശു ക്രിസ്തുൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് മറുവശത്ത് വളരെ എളിമയോടെയാണ് നിൽക്കുന്നത് തനിക്ക് വേണമെങ്കിൽ താനാണോ വരുവാനുള്ള മഷിഹ എന്ന് ചോദിച്ചപ്പം വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് ആണെന്നുള്ള മട്ടിലൊക്കെ നിൽക്കാമായിരുന്നു പക്ഷേ താൻ അതെന്നൊക്കെ നിഷേധിച്ചു എനിക്ക് പിന്നാലെ ഒരുവൻ വരും അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാന് യോഗ്യനല്ല എന്ന് വളരെ എളിമയോടെ പറയുന്ന യോഹന്യാൻ സ്നാപകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ താൻ കർത്താവ് വന്നപ്പോൾ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുവന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാട് എന്ന് പറഞ്ഞ് കർത്താവിനെ സാക്ഷിച്ചവനാണ് യോഹന്നാൻ സ്നാപകൻ യോഹന്യാൻ സ്നാപകനാണ് കർത്താവിലേക്ക് വരാനുള്ള മഷിഹ എന്ന് വിരലി ചൂണ്ടിയത് തൻ്റെ സ്വന്തം ശിഷ്യന്മാർ ചിലർ അതിനെ തുടർന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു അങ്ങനെയൊക്കെ വളരെ നല്ല നിലയിൽ ഒന്ന് മതത്തോടൊരു ഒത്തുതീർപ്പില്ല രണ്ട് ദൈവീക ബോധ്യങ്ങളോട് തികഞ്ഞ സത്യസന്ധത താഴ്മ ഇത് രണ്ടും യോഹന്യാൻ സ്നാപകന്റെ ചുരുങ്ങിയ കാലത്ത് യോഹന്യാൻ സ്നാപകൻ നമ്മുടെ മുമ്പിൽ വിൽക്കുന്ന രണ്ട് ആ നിലയിലുള്ള നമുക്ക് അനുകരിക്കാവുന്ന പാഠങ്ങളാണ് പക്ഷേ മത്തായി എഴുതിയ സുവിശേഷം ത്തിൽ നമ്മളെ പിന്നെ മുന്നോട്ട് വരുമ്പം യോഹന സ്നാപകനുണ്ടാകുന്ന ഒരു പാളിച്ച കൂടെ വേണം നമുക്ക് ഈ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് കാരണം നമ്മളെ യോ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം നോക്കുക യോഹനാനെ എന്തു ചെയ്തു യോഹന്നാന് അന്നത്തെ ഹേരോദാവിൻ്റെ തെറ്റായ നടപടികൾക്കെതിരെ വിരല് ചൂണ്ടിയത് കൊണ്ട് കാരാഗ്രഹത്തിലാക്കി യോഹന്നാനെ എന്നിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു പതിനൊന്നിൻ്റെ മത്തായി പതിനൊന്നിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങൾ വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് ചോദിച്ചു കണ്ടോ അവിടെ വച്ച് യോഹന്നാൻ ഒരു സംശയമുണ്ടാവുകയാണ് തൻ്റെ വിശ്വാസത്തിൽ ഒരു ചാഞ്ചല്യം ഉണ്ടാവുകയാണ് താൻ ഈ കാരാഗ്രഹത്തിൽ കിടന്നിട്ടും ക്രിസ്തു തന്നെ വിടുവിക്കുന്നില്ലല്ലോ എത്രയോ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നിട്ട് തന്നെ വിടുവിക്കുന്നില്ലല്ലയോ തനിക്കൊരു വിടുതൽ ഉണ്ടായില്ലോ എന്നതൊക്കെ ആയിരിക്കാം യോഹന്നൻ്റെ വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് കാര്യം അതുകൊണ്ട് അവനൊരാളെ ശിഷ്യന്മാരെ വിട്ട് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ വിശ്വാസം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ദൈവം വിടുതലയച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടരുത് എന്നൊരു പാഠം നമുക്ക് ഈ യോഹന്നാനിൽ നിന്ന് നമ്മൾ എടുക്കണം കർത്താവ് യോഹന്നാന് കൊടുക്കുന്ന മറുപടി എന്താ ഏ വരാൻ പോകുന്ന മഷിയ വരുമ്പോൾ കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ താന് യഷയാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് അതൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അതുകൊണ്ട് താനാണ് വാഗതമശിഹ എന്നുള്ളത് ഭംഗിയന്തരേണ് യോഹന്നാനെ അറിയിക്കുക എന്നിട്ട് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ എങ്കലിൽ ഇടറിപ്പോകാത്തവനല്ല ഭാഗ്യവാൻ എന്നൊരു മുന്നറിയിപ്പും കൂടെ യോഹന്നാൻ കൊടുത്തായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ എടുക്കേണ്ടതാണ് നമ്മളെത്ര നല്ല നിലയിൽ ആരംഭിച്ചാലും നമ്മളെങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നിത്യതയെ നിർണയിക്കുന്ന കാര്യം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് യോഹന്യസ്നാഭകനെ പോലെ നന്നായി ആരംഭിച്ചിട്ടുണ്ടാവാം പക്ഷേ അവസാനിക്കുന്നത് നന്നായിട്ട് തന്നെ വേണം എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് കർത്താവ് പറയുന്നു അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ ഒരു വിടുതല് ചിലപ്പം കാരാഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങളിൽ നിന്നോ നമ്മുടെ ക്ലേശങ്ങളിൽ നിന്നോ നമ്മുടെ സാമ്പത്തിക നിന്നോ ലഭിച്ചില്ലെങ്കിലും നമ്മൾ കർത്താവിനെ സംശയിക്കുകയോ അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത് എങ്കിൽ ഇടറിപ്പോകാത്തവനല്ല ഭാഗ്യവാൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ യോഹന സ്നാപകൻ്റെ ആ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലെ കർത്താവായ യേശു ക്രിസ്തു സ്നാനമേൽക്കുന്നതും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ മേലിറങ്ങി വരുന്നതും പിതാവിൻ്റെ വചനം നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം പുറപ്പെടുന്നതും ഒക്കെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യം ജനമെല്ലാം സ്നാനമേൽക്കുകയും ലേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേലിറങ്ങി വന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കുക വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും കർത്താവിൻ്റെ ഈ സ്നാനത്തിൻ്റെ സന്ദർഭത്തിൽ തൃത്വത്തിലെ മൂന്ന് വ്യക്തികളും അവിടെ സന്നിഹിതരായിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകരുത് തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ യേശു അവിടെ നിന്നാണ് സ്നാനമേൽക്കാനായിട്ട് അവിടെ വന്നത് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ യേശു അവിടെ വാക്യത്തിൽ പരിശുദ്ധാൽമാവ് പ്രാവ് എന്ന പോലെ അപ്പൊ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാൽമാവിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നു അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ തന്നെ പിതാവിൻ്റെ ശബ്ദം പിതാവിൻ്റെ സാന്നിധ്യം അവിടെ നമ്മൾ കാണുന്നു അങ്ങനെ നോക്കുക തൃത്വം മുഴുവൻ ആ ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ സ്നാനത്തിൻ്റെ സന്ദർഭത്തിൽ അവിടെ ഇറങ്ങി വന്നു അവിടെ സന്നിഹിതരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ കർത്താവ് സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സ്നാന സമയത്ത് യേശു പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന വസ്തുത സുവിശേഷകാരന്മാരിൽ ലൂക്കോസ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ലൂക്കോസ് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പ്രാർത്ഥന ഈ കാര്യം അവിടെ രേഖപ്പെടുത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യേശുവിനെ ഒരു മനുഷ്യപുത്രനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ലൂക്കോസിനുണ്ടായിരുന്നത് എല്ലാ കാര്യത്തിലും പിതാവിനെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യപുത്രനായിട്ട് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൂക്കോസ് തൻ്റെ ആ ലേഖന തൻ്റെ സുവിശേഷത്തിലുടനീളം പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇതാ സ്നാനമേൽക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആർക്കാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നിൽ തന്നെ നിസ്സഹായനായ ഒരാൾക്ക് മാത്രമേ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുള്ളൂ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെവിടെയോ നമ്മൾ തന്നെ കനമുള്ളവരായിട്ടായിരിക്കുന്നു നമ്മൾ നിസ്സഹായരല്ല എന്നാണ് കാണിക്കുന്നത് നിസ്സഹായനായ ഒരാൾക്ക് തന്നിൽ തന്നെ ഒരു ആശ്രയമില്ലാത്ത ഒരാൾക്കാണ് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നത് യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ സ്നാനപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തി അതുപോലെ തന്നെ തൻ്റെ തുടർന്നുള്ള പരശിശുശ്രൂഷയുടെ വിവിധ രംഗങ്ങളിൽ യേശു പ്രാർത്ഥിച്ച കാര്യം ലൂക്കോസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിനെ ജനക്കൂട്ടം അനുഗമിച്ച സമയത്ത് യേശു പ്രാർത്ഥിച്ചതായിട്ട് അഞ്ചാം അധ്യായം ലൂക്കോസ് അഞ്ചാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ലൂക്കോസ് എഴുതിയിരിക്കുന്നു ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് യേശു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു എന്ന ആറിൻ്റെ പന്ത്രണ്ടിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒൻപതിൻ്റെ ഇരുപത്തെട്ടിൽ കർത്താവ് മറുരൂപമലയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്ന ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ താന് പതിനൊന്നാമത്തെ അധ്യായം ലൂക്കോസ് പതിനൊന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചു എന്ന ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനെ തുടർന്ന് ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ചൊരു സംഭാഷണം തന്നെ ആരംഭിച്ചതായിട്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്രോസ് പിന്മാറിപ്പോയപ്പോ അല്ലെങ്കിൽ പിന്മാറിപ്പോകും എന്ന് കണ്ടുകൊണ്ട് അവനു കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ ഗസമനത്തോട്ടത്തിലുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നാൽപ്പത്തൊന്നാമത്തെ വാക്യത്തിലും നാല്പത്തിനാലാമത്തെ വാക്യത്തിലും ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ നാല്പത്തൊന്ന് നാൽപ്പത്തി നാല് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമാണ് ഇവിടെ ഇതാ സ്നാനപ്പെടുമ്പോൾ യേശു പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന ലൂക്കോസ് മാത്രം സുവിശേഷകാരന്മാരിൽ രേഖപ്പെടുത്തിയപ്പോൾ തൻ്റെ പരശ്യശുശ്രൂഷയിൽ ഉടനീളം യേശു പ്രാർത്ഥിച്ച രംഗങ്ങളെ ലൂക്കോസ് അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യവും നമ്മളെ കാണാതെ പോകരുത് അവിടെ അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മേല് വന്നതായിട്ട് നമ്മളവിടെ കാണുന്നു ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം കർത്താവായ യേശു ക്രിസ്തു അമ്മയുടെ ഗർഭം മുതൽ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് മുപ്പത് വയസ്സുവരെ അവിടുന്ന് പരീക്ഷകളെ അതിജീവിച്ചതും നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നതിനൊരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചതുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലാണ് മുപ്പത് വയസ്സ് വരെ ജയകരമായിട്ട് കർത്താവ് ജീവിച്ചത് എന്നിട്ടും മുപ്പതാം വയസ്സിൽ പരിശുശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനായിട്ട് താന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരികയും തന്നെ അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകരുത് ഈ കാര്യം അപ്പോസ്തല പ്രവൃത്തി പത്താം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലും നമ്മളെ കാണുന്നുണ്ട് ഇന്ന് ഈ കാര്യം എടുത്തു പറഞ്ഞത് എന്തിനാന്ന് കർത്താവായ യേശു അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണല്ലോ പിന്നീട് രണ്ടാമത് ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എന്തിനാണ് അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വിരല് ചൂണ്ടുന്ന ഒരു കാര്യമാണ് നമ്മളെ ജനിക്കുമ്പോൾ അതായത് വീണ്ടും ജനിക്കുമ്പോൾ കർത്താവ് ജനിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാലാണ് ജനിച്ചത് നമ്മളും വീണ്ടും ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ക്രിയ ചെയ്ത് ആണ് ഒരു ജനനം സംഭവിക്കുന്നത് ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്നാൽ അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതനായ യേശുവിന് രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണ്ടി വന്നതുപോലെ നമുക്കും എന്തുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത് ഒരു അഭിഷേകം രക്ഷിക്കപ്പെട്ട നമുക്കും വീണ്ടും ജനിച്ച നമുക്കും ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു പാഠമായിട്ടെടുക്കാം ഇന്നത്തെ ക്രിസ്തീയ ലോകത്തെ ചിലർ നാം ആത്മാവിൽ ജനിച്ചവരാകിയാൽ രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ കർത്താവിനുണ്ടായ ഈ അനുഭവം നമുക്ക് വീണ്ടും ജനിച്ച നമ്മൾ രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം ഇനി ഒടുവിലായിട്ട് ആ ഭാഗത്ത് നീ എൻ്റെ പ്രിയപുത്രൻ്റെ നിലനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി പിതാവിൻ്റെ അംഗീകാരത്തിൻ്റെ ഒരു ശബ്ദമാണത് നമ്മൾ പറഞ്ഞതുപോലെ യേശുവിൻ്റെ മുപ്പത് വർഷത്തെ യേശുവിൻ്റെ ജീവിതത്തെ മുഴുവൻ പിതാവ് ശ്രദ്ധിച്ചു അവിടെ ഒരിക്കൽ പോലും തന്നെ ഗലീലയിൽ നസ്രത്തിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് തെറ്റായിട്ട് ഒരു കാര്യം യേശു ചെയ്തില്ല അതുകൊണ്ട് ഇപ്പോൾ മുപ്പത് വർഷത്തിന് ശേഷം കർത്താവ് പരശിശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പിതാവ് തൻ്റെ പിന്നിട്ട ജീവിതത്തിന് ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് എന്നാൽ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ തുടർന്ന് രണ്ട് രംഗങ്ങളിലെങ്കിലും പിതാവ് സ്വർഗത്തിൽ നിന്ന് പരസ്യമായിട്ട് യേശുവിനോട് സംസാരിച്ച രണ്ട് സന്ദർഭങ്ങളെങ്കിലുമുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതിൻ്റെ മുപ്പത്തഞ്ചിൽ മറുരൂപമലയിൽ വെച്ച് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്ന നിർദ്ദേശിച്ചപ്പോൾ ആ ഭാഗത്ത് കർത്താവ് മേലെ അവിടെ ആ മറുരൂപമലയിൽ വെച്ച് പിതാവിൻ്റെ ഒരു പരസ്യമായ ഒരു അംഗീകാരത്തിൻ്റെ ശബ്ദം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നു അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി വചനത്തിലാണ് നമ്മൾ ആ രംഗം കാണുന്നത് ഒൻപതിൻ്റെ മുപ്പത്തഞ്ചിൽ മറുരൂപമലയിൽ വെച്ച് ഇവർ യാക്കോബും യോഹനാനും പത്രോസും ഒക്കെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ മോശയും ഏലിയാവു അവിടെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് അവരെയും മോശയും ഏലിയാവും ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് എരിശിലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് എന്നാണ് അതിൻ്റെ ഒൻപതിൻ്റെ മുപ്പത്തൊന്നിൽ പറയുന്നത് എന്നാൽ പത്രോസിനും ഒന്നും അത് മനസ്സിലായില്ല പത്രോസ് പറഞ്ഞു ഒക്കെ പറഞ്ഞു ഒരു മൂന്ന് കുടിലുണ്ടാക്കാം എന്ന് പറഞ്ഞു മോശയും ഏലിയാവിനേയും യേശുവിനോട് ഒപ്പമാക്കാൻ തുടങ്ങിയപ്പോ ഇവിടെ ഇതാ മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദം ഉണ്ടായത് പിതാവിൻ്റെ ശബ്ദം ഉണ്ടായത് അതിൻ്റെ മുപ്പത്തഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ ഇവിടെയും കർത്താവായ യേശു ക്രിസ്തു താൻ അനുഭവിക്കാൻ പോകുന്ന ഒരു മരണത്തിനായിട്ട് താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് ആ നിലയിലുള്ള ശബ്ദം അതുപോലെ തന്നെ ഈ സ്നാനപ്പെടുന്നതും ഒരളവിൽ നമുക്കറിയാമല്ലോ ഒരു മരണത്തിൻ്റെ സിമ്പലാണ് ആ സമയത്തും അങ്ങനെ ഒരു സ്വർഗത്തിൽ നിന്നൊരു അംഗീകാരത്തിൻ്റെ ശബ്ദം പിതാവിൻ്റെ ശബ്ദമുണ്ടായി മൂന്നാമത് യേശുവിനെ കാണണം എന്ന ആഗ്രഹത്തോടെ യവനർ ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ പിതാവിൻ്റെ ഒരു അംഗീകാരത്തിൻ്റെ ശബ്ദം ഉണ്ടായത് യോഹനാൻ പന്ത്രണ്ടിൻ്റെ ഇരുപത് ഇരുപത്തെട്ട് വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു യോഹനാൻ പന്ത്രണ്ട് ഇരുപത് ഇരുപത്തെട്ട് വചനങ്ങൾ അവിടെ എന്താ യവനർ യേശുവിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് യേശുവിനെ വരാൻ പോകുന്ന ക്രൂശിൽ നിന്ന് മാറ്റി ഒരു യവനായ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും സോക്രട്ടീസും പോലെ ഒരു വലിയ തത്വചിന്തകനായിട്ട് യവനായ ദേശത്തേക്ക് സ്വാഗതം ചെയ്യാൻ വന്നതായിരിക്കാം എന്ന് നമുക്ക് കരുതാം പക്ഷേ കർത്താവ് വഴങ്ങാതെ ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകണം എന്ന് പറഞ്ഞ് ആ നിലയിലുള്ള ക്രൂശിനെ കർത്താവ് ബോധപൂർവ്വം ശ്രമിച്ചപ്പോൾ അവിടെയും പിതാവിൻ്റെ അംഗീകാരമുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് മൂന്നിടത്ത് പിതാവിൻ്റെ അംഗീകാരം ഉണ്ടായതും കർത്താവ് ക്രൂശിനെ ആലിംഗനം ചെയ്യുകയായിരുന്നു ക്രൂശിൽ നിന്നും മാറിപ്പോകാതെ ആ തന്നെ അയച്ച ദൗത്യത്തിൽ തന്നെ താൻ നിൽക്കാൻ സമർപ്പിച്ച മൂന്ന് രംഗങ്ങളിലാണ് പിതാവിൻ്റെ അംഗീകാരത്തിൻ്റെ ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആ വഴിയിൽ നിന്ന് മാറിപ്പോകരുത് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത് അങ്ങനെ മാറാതെ നിന്നാൽ സ്വർഗത്തിൻ്റെ അംഗീകാരം നമ്മുടെ മേലും ഉണ്ടാവും ഇത് ഈ കാര്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ നമ്മെ മുന്നോട്ട് നടത്തട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ